പാർത്ഥസാരഥി ശ്രാവി ശുഭാംഗിരം പാർത്ഥയാർത്തിഹരോ ദൂർത്തിനാത്യക്ഷതസ്തു യോഗോസ്തി നൈക്കാത്തം അനശ്നാതിസ്വപനശീല ജാഗ്രതോനൈവർ യുക്തവിഹാര യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖം ഈ രണ്ട് ശ്ലോകമാണ് കണ്ടത് പ്രസാനായിട്ട് ഈ ശ്ലോകം എല്ലാ തരത്തിലുള്ള സാധകന്മാർക്കും ബാധകമായിട്ടുള്ള ശ്ലോകം ധ്യാനയോഗത്തിന് മാത്രമല്ല യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖ യുക്തമെന്ന് വച്ചാൽ എല്ലാത്തിലും മോഡറേഷൻ എന്ന് മാത്രം അർത്ഥമല്ല അത് ഇന്നലെ പറഞ്ഞു മുഖ്യമായ അർത്ഥം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ഞാൻ ഉണ്ണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ വ്യവഹരിക്കുന്നു എന്നുള്ളത് പോലും യോഗി ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചീടണം അശനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഉണരരുതിന് ഉറങ്ങിടാതിരുന്നിടേണം അറിവായി അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം ഉണ്ണാ ഉറങ്ങുക എന്നുള്ള വ്യവഹാരമൊക്കെ ശരീരധർമ്മങ്ങളാണ് അതൊക്കെ ഉള്ളപ്പോഴും ഭഗവത് സ്മരണം ഹൃദയത്തിലും വിടാതെ ഭഗവത്സ്മരണം ഹൃദയത്തിലൊരു സ്രോതസ് പോലെ ഒരു ധാരയായി പുറകെ ഉണ്ടെങ്കിൽ ഉണ്ണലോ ഉറങ്ങലോ ഒക്കെ തന്നെ ഒരു മോഡറേഷനിൽ ഇരുന്നോളൂ അപ്പോൾ ശ്രദ്ധ ഭഗവത് സ്മരണത്തിന് കൊടുത്താൽ വ്യവഹാരം എങ്ങനെ നടക്കണോ അങ്ങനെ അതിനനുസരിച്ച് നടന്നോളൂ ഇത്രയും അറിഞ്ഞാൽ ഇനി അടുത്ത ശ്ലോകം യുക്തോഭവത്തിന്ന് പറഞ്ഞല്ലോ യുക്തൻ എങ്ങനെ ആവും യോഗി എങ്ങനെയാവും എപ്പോഴാണ് ഒരാൾ യോഗിയാവണത് എന്നുള്ള ചോദ്യമാണ് അതിനാണ് ഭഗവാൻ ഉത്തരം പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം യഥാ വിനിയതം ചിത്തം ആത്മന്യേവാ നിസ്പൃഹസർവകാമേഭ്യോ तदा यदा യുക്ത വിശേഷേ നിയതം ചിത്തം ഹിവാ ബാഹ്യം ആത്മനി അതിർഭ്യസ് തൃഷ്ണ സയുക്ത എപ്പോഴാണ് ഒരു യോഗി ധ്യാനത്തിൽ പ്രതിഷ്ഠിതനായിരിക്കണത് എന്ന് പറയുന്നത് സമാഹിതൻ എന്ന് പറയണത് ധ്യാനം എന്ന് നമ്മൾ വളരെ സഹജമായി സാധാരണമായിട്ട് ഉപയോഗിക്കണ വാക്ക് ഭഗവാൻ ധ്യാനിക്കണ അന്തരംഗത്തിനെ ഈ ശ്ലോകത്തിൽ പറയാം എപ്പോ ധ്യാനം എപ്പോ സാധിച്ചു അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് യഥാ വിനിയതം ചിത്തം ചിത്തം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സെന്ന അർത്ഥം അന്ധകരണം പല വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന അന്ധകരണം അന്തർമുഖമായിട്ട് തിരണം ഉള്ളിലേക്ക് തിരിയുന്നു എന്നിട്ടോ തന്നെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കാൻ എങ്ങനെ സാധിക്കും എന്തെങ്കിലും എന്ത് ഫോഴ്സാണ് നമ്മളെ പുറമേക്ക് തള്ളണത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കണമെന്ന് തന്നെ ഒരു ആശ്ചര്യമാണ് അല്ലെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എങ്ങനെ എഴുന്നേൽക്കണു സ്വിച്ച് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ എഴുന്നേറ്റു രാവിലെ ഏതോ മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കുകയും കുറച്ച് സമയം കഴിഞ്ഞപ്പോ അപ്പൊ അതുക്കെ പുറത്തേക്ക് തള്ളി വിടുകയും ചെയ്തു അത് നമ്മളുടെ പ്രാരബ്ധം അല്ലെങ്കിൽ ആഗ്രഹം ഒക്കെ പറയാം എപ്പോഴാണോ പുറമെ ഒന്നും സാധിക്കാനില്ലാത്തത് അപ്പൊ നിസ്പൃഹ സർവകാമേഭ്യാഹ നമ്മൾക്കൊക്കെ തോന്നും എനിക്ക് ധ്യാനിക്കണം എന്നുണ്ട് ഭഗവാനെ ഹൃദയത്തിൽ വിചാരിച്ച് അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോ മനസ്സ് അങ്ങനെ ഇരുന്നുടെ എന്റെ മനസ്സെന്നാണല്ലോ പറയണത് അപ്പൊ നമ്മൾ പറഞ്ഞാൽ കേൾക്കണ്ടേ മനസ്സ് അപ്പൊ മനസ്സവിടെ വന്ന് ഭഗവത് ധ്യാനത്തിൽ ഇരുന്നൂടെ പക്ഷെ മറ്റുള്ളവർ വേണമെങ്കിൽ പറഞ്ഞേക്കും മനസ്സ് പറഞ്ഞേക്കേക്കണില്ല അതിങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി പുറമേക്ക് എന്താ കാരണം എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോ ആ വിഷയങ്ങളിലേക്ക് കാമനകളിലേക്ക് ഓടിപ്പോയി അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക രമണൻ ഭഗവാന്റെ അടുത്ത് ഒരാൾ ഈ ഒരു സംശയം ചോദിക്കാനായിട്ട് വന്നു ധ്യാനിക്കുമ്പോൾ മനസ്സങ്ങനെ ഹൃദയത്തിൽ ഇരുന്നൂടെ എന്തുകൊണ്ടാണ് ഈ മനസ്സ് വീണ്ടും വീണ്ടും പുറമേക്ക് ഓടിപ്പോണ സ്വയമേവ അടങ്ങിയിരുന്നൂടെ ചോദിക്കാൻ ചെന്നപ്പോ അദ്ദേഹം കണ്ട ഒരു സീൻ എന്താന്ന് വെച്ചാൽ മഹർഷിയുടെ മഹർഷിയുടെ അടുത്ത് പല മൃഗങ്ങളും പക്ഷികളും പ്രാണികളും ഒക്കെ പ്രിയമായിട്ടിരിക്കും അതിലൊരു അണ്ണാൻ പെറ്റിട്ട് ആ അണ്ണാനെ പൂച്ച പിടിച്ചു ആ അമ്മ അമ്മയെ പൂച്ച പിടിച്ചു ആ അണ്ണാകുഞ്ഞുങ്ങള് അവിടെ കടക്കണു ആ അണ്ണാങ്കുഞ്ഞുങ്ങളെ എടുത്ത് മഹർഷി വളർത്തി വളർത്തി എന്ന് വെച്ചാൽ അത് നേരിട്ട് കണ്ട ആള് വളരെ ഹ്യൂമറസ് ആയിട്ട് അത് പറയും എന്താന്ന് വെച്ചാൽ ആ അണ്ണാനെ പൂച്ച പിടിച്ചു തന്നു എങ്കിൽ അണ്ണാൻകുട്ടികളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പുഴുപോലെ ഉണ്ടത് നിങ്ങൾ അണ്ണാൻകുട്ടികളെ കണ്ടാ അറിയാം അത് കണ്ട ഒരു പുഴുപോലെ ഉണ്ട് അപ്പൊ പറ്റിട്ടേ ഉള്ളൂ അതിനെങ്ങനെ വളർത്തും അതിന് കണ്ണും കാണാനില്ല മൂക്കും കാണാനില്ല എവിടെ ഭക്ഷണം കൊടുക്കും എന്ത് കൊടുക്കും എങ്ങനെ വളർത്തും അപ്പോ കുറച്ച് തേനു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഒരു പഞ്ഞി തിരി തേനിൽ മുക്കിയിട്ട് ഈ അണ്ണാൻ കുഞ്ഞീ പുഴുപോലെയുള്ളതിനെ കൈ വിരലിൽ എടുത്തു വെച്ചിട്ട് എവിടെയോ എടുത്തു വെച്ചാൽ അത് വായു തുറക്കണം അത്ര രാമസ്വാമി പിള്ളയിന്ന് പറഞ്ഞ ഭഗവാന്റെ ഏറ്റൻറെ അദ്ദേഹമാണ് ഈ കഥ പറഞ്ഞത് എവിടെയോരടുത്ത് കൊണ്ടുപോയിട്ട് ആ തിരി വെച്ചാൽ അത് വായു തുറന്നു തേന് നക്കി നക്കി കുടിച്ചു അങ്ങനെ വളർത്തി ആ അണ്ണാൻകുട്ടികളെ അപ്പൊ അതൊക്കെ മഹർഷി തന്നെ അമ്മയായിട്ട് കരുതി കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മേലെയൊക്കെ ഓടിക്കളിക്കും അപ്പോ പൂച്ച തരം കാത്തുകൊണ്ടിരിക്കുകയാണ് പിടിക്കാനായിട്ട് അപ്പൊ ഇയാള് ധ്യാനത്തിനെ കുറിച്ച് ചോദ്യം ചോദിക്കാനാണ് ഉള്ളിൽ പോണത് മനസ്സിങ്ങനെ പുറമേക്ക് ഓടിക്കൊണ്ടേയിരിക്കണം സ്വയമേവ സഹജമായിട്ട് വന്നത് ഹൃദയത്തിൽ ഇരിക്കില്ലേ എപ്പോ ഇരിക്കും ആ ചോദിക്കാൻ ചെല്ലുമ്പോ അദ്ദേഹം കണ്ടത് ഈ ഓടി ഓടി പോകുന്ന എണ്ണാങ്കുഞ്ഞുങ്ങളെ ഓരോന്നായും പിടിച്ചുകൊണ്ടു വന്ന് രമണ ഭഗവാൻ പെട്ടിയിലാക്കി അടക്കിയാണ് പെട്ടിയിലിട്ടിട്ട് രണ്ടാമതൊന്നിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ആദ്യം ഇട്ടെന്ന് പുറമേക്ക് ചാടി പോകും അതിനെ പിടിച്ചുകൊണ്ടുവന്ന് പെട്ടിയിലിടും മൂന്നാമതൊന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇത് ചാടി പോകും അവസാനം എല്ലാം കൂടെ പിടിച്ച് പെട്ടിയിലിട്ടിട്ട് അപ്പൊ ഇയാൾക്ക് അത് കണ്ടുകൊണ്ടേ ഇയാൾക്ക് മനസ്സിലായി നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണ പോലെയാണ് പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തുമ്പോഴേക്കും ഓടി പോകുന്നു അത് സ്വയമേവ വന്നിരിക്കണില്ല ഈ അണ്ണാങ്കുട്ടി അപ്പോ എല്ലാത്തിനെയും കൂടെ പെട്ടിയിലിട്ടിട്ട് മഹർഷി ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു പാവം ഈ അണ്ണാംകുട്ടികൾക്ക് അതിൻ്റെ അമ്മയെത്തുന്ന പൂച്ച അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് അത് വെളിയിൽ ഓടി ഓടി പോണത് അവിടെ പൂച്ചയുണ്ട് അത് കടിക്കും എന്നറിഞ്ഞാൽ അത് താനേ വന്ന് പെട്ടിയിലിരുന്നോളും പക്ഷെ അതിനായിട്ട് ആ വിവരം വരണവരെ ആ ബുദ്ധി ഉണ്ടാവണവരെ നമ്മൾ തന്നെ പിടിച്ചതിനെ അകത്തിടണം ഇതുപോലെയാണ് ലോകത്തിലേക്ക് ഓടുന്ന മനസ്സിന് പുറമേക്ക് പൂച്ച കടിക്കുന്ന അറിയാത്തോണ്ടാ ഓടണത് അതിന് ദുഃഖമുണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് മനസ്സ് പുറമേക്ക് ഓടിക്കൊണ്ടിരിക്കണത് ആഗ്രഹം സാധിക്കുന്നതിനോടൊപ്പം എത്ര ദുഃഖങ്ങൾ കൂടെ വരും എന്നുള്ളത് അറിയണില്ല അതിന് വിവേകില്ല കാമനകളുടെ കൂടെ ദുഃഖം പുറകെ വരുമെന്നറിയാത്തത് കൊണ്ട് കാമനകളെ സാധിച്ചെടുക്കാനായി വെപ്രാളപ്പെടുകയാണ് എപ്പോഴാണോ അതിന്റെ ദുഃഖം ഇയാൾ മനസ്സിലാക്കിത്തുടങ്ങുന്നത് അല്പ അല്പം കാമനകൾ സാധിക്കുന്നതോടൊപ്പം അനന്തമായ ദുഃഖം പുറകെ വരുമെന്ന് അറിയുമ്പോ പതുക്കെ വൈരാഗ്യം വരും വൈരാഗ്യം വരുമ്പോ നിസ്പൃഹാ സർവകാമേ മനകളിൽ ഒന്നും തന്നെ സ്പൃഹയില്ല നിർബന്ധ ബുദ്ധി ഇല്ല എന്നാണ് പലതും തോന്നും ഒന്നും സാധിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇല്ലാതാവുമ്പോ മനസ്സ് ആത്മാവിൽ സഹജമായി മെനക്കെടു കൂടാതെ ഇരുന്നോളും അധികം പ്രയത്നം കൂടാതെ മനസ്സ് ആത്മാവിൽ ഇരുന്നോളും കാരണം മനസ്സിനും പുറമേക്ക് പോയി സാധിക്കാനൊന്നുമില്ല പുറമേ നിന്നും നേടിയെടുക്കാനൊന്നുമില്ല പുറമേ ഉള്ള വിഷയങ്ങളിൽ ദുഃഖമുണ്ടെന്ന് ആ മനസ്സ് പതുക്ക വിവേകം കൊണ്ട് അറിഞ്ഞിരിക്കണം നാരായണീയത്തില് ഭട്ടതിരി ഇത് പറയണ്ട ഒരു ശ്ലോകത്തില് എങ്ങനെയാ ഗുരുവായൂരപ്പനെ ധ്യാനിക്കേണ്ടത് എന്ന് വെച്ചാൽ ആലോക്യജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവര്യാത് ലബ്വാതത്വം ഗുണചരിതകഥാദ്യുദ്ഭവദ് ഭക്തിഭൂമാം യാമേനം തരി പരമസുഖമയേ ത്വേ മോദിദാഹേ തൂർവരംഗം പവന പുരപത്തെ നാശയാശേഷൻ ദുഃഖാൻ ആലോക്യ ദുഃഖമുണ്ടെന്ന് അറിഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞ് പദം പദമനുപദം അറിഞ്ഞ് വിവേകം കൊണ്ടറിഞ്ഞ് അലം ഇനിമതീ ലോകത്തിലെന്നാണ് ഉദിതവിവേക വിവേക ഉദയ്ക്കുന്നു അതിനുശേഷം ഭഗവത് രൂപത്തിനെ ആചാര്യനിൽ നിന്നും കേട്ടറിഞ്ഞ് ലബ്ധാ ത്വം ഗുണചരിത കഥാതി ഉദ്ഭവദ്ഖമയേ ദേദിതാഹേ പരമസുഖമായ ഭഗവത് പദത്തിൽ ആനന്ദം അനുഭവിക്കുന്നു അപ്പോ അങ്ങനെ ധ്യാനത്തിന് ആദ്യ പടിയാണ് മനസ്സിനെ പുറമേ നിന്നും അന്തർമുഖമാക്ക എങ്ങനെ അന്തർമുഖമാക്കും വിചാരങ്ങളൊക്കെ എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്ക ആർക്ക് വരണോ ഈ വിചാരങ്ങളൊക്കെ എനിക്ക് വരണു ഞാൻ ആരാണ് ഞാൻ എന്നുള്ള വിചാരം കൂടാതെ മറ്റൊരു വിചാരവും വരില്ല ഈ ഞാൻ എന്നുള്ള വിചാരം എവിടെ നിന്ന് വരണോ എന്ന് ശ്രദ്ധിച്ചാൽ ഹൃദയത്ത് നിന്നാണ് ഞാൻ എന്നുള്ള വൃത്തി ചിത്തവൃത്തി ഉദിക്കണത് എന്ന് മനസ്സിലാവും ശ്രദ്ധിച്ചാൽ ഈ ഞാൻ എവിടെ ഉദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അഹങ്കാരം അതിൻ്റെ പെറപ്പെടത്തിൽ ലയിക്കും പ്രാണനും അഹങ്കൃതിയും ഒരേ സ്ഥലത്ത് ഉദിച്ച് ഒരേ സ്ഥലത്ത് ലയിക്കണതാണ് എന്റെ ഹൃദയത്ത് നിന്നാണ് ഉദിക്കണത് തന്നെ ലയിക്കും ലയിക്കുമ്പോ അന്തർമുഖം അതാണ് വിനിയതം എന്ന് ഭഗവാൻ പറഞ്ഞു യഥാ വിനിയം ചിത്തം ആത്മനീയവ അവതിഷ്ഠത ആത്മാവിൽ ഇരിക്കുന്നു എന്ന് വച്ചാലോ ഞാൻ എന്നുള്ള പ്രതീതി അഭിമാന ഉദിക്കാതെ കേവലമായ മൗനം നിശ്ചലം ചിത്തവൃത്തികൾ ഉദിക്കാത്ത നിശ്ചലസ്ഥിതിയിൽ ഇരിക്കുന്നു നിസ്പൃഹ സർവകാമേഭ്യ അങ്ങനെ ഇരിക്കുമ്പോ ഒരു കാമനകളും അവിടെ ചലിപ്പിക്കണില്ല ഒരു ഫോഴ്സും ആ മനസ്സിനെ പുറത്തേക്ക് തള്ളുന്നില്ല ആ നിശ്ചലതയിലിരിക്കുന്ന സ്ഥിതിയാണ് യോഗസ്ഥിതി എന്ന് പറയുന്നത് യുക്ത അപ്പോൾ അവനെ യുക്തനെന്നും ആ സ്റ്റേറ്റിനെ ആ സ്ഥിതിയെ യുക്തമെന്നും അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം നോക്കാം യോഗ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ വിശേഷിപ്പിക്കുകയാണ് യഥാ ദീപോനിവാതസ്ഥോ സ്മൃതോ യുഗമാത്മന യഥീപ ഇത് വളരെ പ്രസിദ്ധമായ ഉദാഹരണം ഒരു ഉപമ കാണിക്കുകയാണ് ഭഗവാൻ യഥാ ദീപോ നിവാത സ്തു കാറ്റില്ലാത്ത സ്ഥലത്ത് നിവാത ദീപം എന്ന് പറയും കാറ്റില്ലാത്ത വിളക്ക് ബുദ്ധൻ ഈ ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട് യഥാദീപോ നിവാത കാറ്റില്ലാത്ത സ്ഥലത്ത് ചലിക്കാതിരിക്കുന്ന ഫ്ലിക്കർലെസ് ഫ്ലെയിം പോലെ കാറ്റില്ലാത്തടത്ത് നിശ്ചലമായി നിൽക്കുന്ന തീനാളം പോലെ ചലതേ ചലിക്കുന്നില്ല സോപമാസ്മൃത അത് ആ ഉപമയെ ഓർത്തുകൊള്ളുക എന്ത് എന്തു ചിന്തിക്കുമ്പോ യഥിത്ത യോഗിനുഞ്ചതോ യോഗമാത്മന നല്ലവണ്ണം വിരക്തനായ വിവേകിയായ യോഗി ധ്യാനിക്കുമ്പോ ആ തീനാളം കാറ്റില്ലാത്തടത്ത് എന്താണ് ഈ നാളത്തിന് നാളത്തിന് ദാർഷ്ടാന്തിക എന്താണ് ദൃഷ്ടാന്തം നാളാണ് ഉപമനാളാണ് എന്തിനാണ് ഉപമിക്കുന്നത് എന്ന് വെച്ചാൽ ഈ മനസ്സ് ഹൃദയത്തിൽ ലയിക്കുമ്പോ അഭിമാന വൃത്തി ഹൃദയത്തിൽ ലയിക്കുമ്പോ അഗ്നി പോലെ കാറ്റില്ലാത്തിടത്തുള്ള നാളം പോലെ ഒരു സ്ഫൂർത്തി ഫൂർത്തി വിവേകചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു സതത ബോധം കേവലാനന്ദരുപമതിവേലം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കളം നിർവികല്പം ഹൃദ കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധ പ്രകൃതിവിതിശൂന്യം ഭാവനീതാവം സമരസം അസമാനം മാനസംബന്ധദൂരം നിഗമവചന സിദ്ധം നിത്യമസ്മത് പ്രസിദ്ധം ഹൃദി കലയതി വിദ്പൂർണം സമാധ അജരം അമരം അസ്ഥാഭാവവസ്തുസ്വരൂപം സ്ഥിതിമിതസലിലരാശി പ്രഖ്യമാഖ്യഹീനം ശമിത ഗുണവികാരം ശാശ്വതം ശാന്തമേകം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധ മൂന്ന് ശ്ലോകം അത്ഭുതമായിട്ട് ആ യോഗ സമാധി നിർവികൽപ്പമാധിയെ ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നുണ്ട് അവിടെ എന്താണ് ചലിക്കാത്ത ഒരു നാളും പോലെ എന്ന് പറഞ്ഞോളൂ എന്താ നാളും എന്താണ് ദാർഷ്ടാന്തികമെന്ന് വെച്ചാൽ കിമപ്പി സതത ബോധം എന്തോ ഒന്ന് അവിഛിന്നമായ ഒരു ബോധാനുഭവം സംതിങ് വിസ് നോട്ട് മൈൻഡ് അവർ സെൻസസ് മനസ്സോ ഇന്ദ്രിയങ്ങളോ ബുദ്ധിയോ ഒന്നുമല്ലാത്തത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചലിക്കണതാണല്ലോ ബുദ്ധിയിൽ വരുന്ന ചിത്തവൃത്തികൾ മനസ്സിൽ വരുന്ന വികാരങ്ങളൊക്കെ ചലിക്കും ഇത് ഒരിക്കലും ചലിക്കാത്തതും വിടവില്ലാത്തതും അനന്തമായതും മറ്റുള്ളതിനൊക്കെ വിടവുണ്ട് മനസ്സിന് വിടവുണ്ട് അല്ലെ ഒരു വിചാരം അടുത്ത വിചാരം അടുത്ത വിചാരം ഒന്ന് ആശ്ചര്യപ്പെട്ട് നോക്കണം നമ്മളെ നമ്മളെ തന്നെ നോക്കണം നമ്മൾക്ക് ഉള്ളിലെ ആത്മാവനെ അറിയണില്ലല്ലോ എന്നൊക്കെ പറയണു നമ്മള് ആത്മാവനെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയണു പിന്നെ എന്തിനാ നിങ്ങൾ അറിയണത് എനിക്ക് ആത്മാവിനെ അറിയണല്ലോ പിന്നെ എന്താ അപ്പൊ നിങ്ങൾ അറിയണത് എന്താ മനസ്സാണോ മനസ്സാണെങ്കിൽ മനസ്സനുസ്യൂതമില്ലേ ഇല്ല മാങ്ങയെ പറ്റി ചിന്തിച്ച ശേഷം തേങ്ങയെ പറ്റി ചിന്തിക്കുന്നതിന് നടുവിലൊരു ഗ്യാപ്പുണ്ട് അപ്പൊ നിങ്ങൾ ഇല്ലേ ഒരു മാങ്ങയെ പറ്റി ചിന്തിച്ചു അതിനുശേഷം നമ്മുടെ തെങ്ങില് കുറെ തേങ്ങ ഉണ്ട് ഇടം എന്ന് ചിന്തിച്ചു ഇതിന് രണ്ടിന് നടുവിൽ മാങ്ങയും തേങ്ങയും അല്ലാത്ത സ്ഥലത്ത് എന്താ ഉള്ളത് ചിത്തവൃത്തികളാണ് ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട് ഞാൻ ഉണ്ടെന്നുള്ള ഒരു ഉണർവ് ആ ഉണർവ് മനസ്സല്ല ആ ഉണർവിൽ വിടവില്ല പക്ഷെ ആ ഉണർവിനെ ശ്രദ്ധിക്കണില്ല മനസ്സിലാവുണ്ടോ മനസ്സിലാക്കണ്ട ശ്രദ്ധിക്ക മനസ്സ് ആ ഉണർവിൽ ഒരു ചെറിയ ഒരു ചലനം മാത്രമാണ് നമ്മള് മനസ്സിലാക്കണു അറിയുന്നു വികാരപ്പെടുന്നു അനുഭവിക്കുന്നു ഇതൊന്നും മനസ്സിന്റെ പ്രക്രിയകളെ അല്ല പക്ഷെ മനസ്സിന്റേതല്ലാത്ത ക്രെഡിറ്റ് മനസ്സിന് കൊടുക്കുകയാണ് നമ്മള് മനസ്സെന്നൊരു സാധനം ഇല്ല ആത്മാവേ ഉള്ളൂ പരിശുദ്ധമായ പൂർണ്ണ വസ്തുക്ക വസ്തുവാണ് നിങ്ങളൊക്കെ ഒരു കളങ്കവും ഇല്ല ഒന്നും അറിയാനില്ല ഒന്നും അനുഭവിക്കാനില്ല ഒന്നും നേടിയെടുക്കാനില്ല ഒന്നും ആയിത്തീരാനില്ല മരിക്കാൻ സാധിക്കില്ല ജനന ഉണ്ടായിട്ടില്ല ഒരു കളങ്കവും ഏശില്ല ശരീരം അതിന് മേലെ വെറുതെ അപ്പിയറായിരിക്കണം മറിഞ്ഞു പോയാലും ഒരു കുഴപ്പവും വരാനില്ല ആ ഉണ്ടെന്നുള്ള അനുഭവം മനസ്സിൻ്റെതല്ല ശരീരത്തിൻ്റെതല്ല ബുദ്ധിയുടേതല്ല അഭിമാനത്തിൻ്റെതല്ല അത് ചിത്തിൻ്റെതാണ് ഭഗവാൻ്റേതാണ് അതാണ് സതത ആ സതതബോധത്തിൻ്റെ സ്വരൂപം എന്താ കേവല ആനന്ദരൂപം അത് കേവലമായ ആനന്ദ രൂപമാണെന്ന് സുഷുപ്തിയിൽ അതിന്റെ ഭാന ഉണ്ടാവുന്നുണ്ട് പക്ഷെ ആവരണം മാറാത്തത് കൊണ്ട് കേവല ആനന്ദരൂപം എന്തിനോടെങ്കിലും ഒന്ന് ഉപമിച്ചു പറയൂ ലോകത്തിൽ നിരുപമം ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല നിരുപമം അതിവേളം ദേശകാലങ്ങൾക്ക് അപ്പുറമാണ് പിന്നെ എങ്ങനെയത് സംസാരത്തിൽ പെട്ടു ഒരിക്കലും പെട്ടില്ല നിത്യമുക്തം എങ്ങനെ പെടും സിനിമയൊന്നും സ്ക്രീനെ തൊടണേയില്ല അതുപോലെ ആ ബോധത്തിന് ഈ ശരീരമോ മനസ്സോ ഒന്നും തൊടണേല നിത്യമുക്തം ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നുല്ലോ സ്വാമി ആഗ്രഹമൊന്നുമില്ല അതൊക്കെ പുറമേക്ക് സർഫസിലാണ് ആ സെന്ററിനെ അതൊന്നും തൊടുകയില്ല നിരീഹം നിരവധി ഖഗനാഭം അവധിയില്ലാത്ത ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കണം നിരവധി ഗഗനാഭം നിഷ്കലം അതിന് കലകളൊന്നുമില്ല അതിന് അംഗങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് കയ്യോ കാലോ ഒന്നും പോയാലും ഞാൻ എന്ന അനുഭവത്തിൽ കുറേ ഒന്നും തോന്നാത്തത് അതങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കണു എന്താ ഈ കലകളൊന്നും അതിൻ്റെ അല്ല നിഷ്കലം നിർവികൽപ്പം ഒരു വകല്പവും അത് വെച്ച് പുറപ്പെല്ല നിഷ്കലം നിർവികൽപ്പം ഹൃദികലയതി ഹൃദയത്തിൽ സെന്ററിൽ നമ്മളിൽ നമ്മുടെ കേന്ദ്രത്തിൽ കലയതി വിദ്വാൻ അനുഭവിക്കണോ ജീവൻ മുക്തൻ എല്ലാവരും ബ്രഹ്മപൂർണ്ണം സമാധോ ആ സമാധി എന്ന് പറഞ്ഞാൽ അത്യന്ത സുസൂക്ഷ്മമായ ഒരു വൃത്തിയെയാണ് വേദാന്തികൾ സമാധി എന്ന് പറയുന്നത് അല്ലാതെ ജാഢ്യമായ ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ ഒരു ലഹരിയോ ഒന്നും വളരെ വിജിലൻ്റ് ആവുന്നു നമ്മളുടെ ബ്രെയിൻ ബുദ്ധി എന്ന് പറയണത് അതിന് അസാമാന്യ ശക്തിയുണ്ട് ബ്രഹ്മജ്ഞാനത്തിനുള്ള ശക്തിയുണ്ട് പക്ഷെ നമ്മൾ അതിനെയൊക്കെ ദുരുപയോഗപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് നമ്മളുടെ ബുദ്ധിക്കുള്ള ശക്തിയിൽ ഒരു അഞ്ച് പെർസെൻ്റോ മറ്റേ നമ്മൾ ഉപയോഗിക്കണുള്ളൂ അതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുകയാണ് അതൊക്കെ കൂടെ ഉണർന്ന് കഴിയുമ്പോൾ ഈ ബുദ്ധി എന്ന് പറയണത് തന്നെ ഒരു വൈഭവമായിട്ട് മാറും ഈശ്വര വിഭൂതിയായിട്ട് മാറും അതിന് എന്ത് വെളിയിലുള്ളത് അറിയാൽ മാത്രമല്ല ഉള്ളിലുള്ള തൻ്റെ സോഴ്സിനെ റിഫ്ലക്ട് ചെയ്യാൻ അതിന് കഴിയും അപ്പോഴാണ് അത് അസ്മത് പ്രസിദ്ധം തന്നിൽ തന്നെ പ്രസിദ്ധമായി സിദ്ധമായിട്ടുള്ള ഞാൻ എന്ന മൂലത്തിനെ അത് ചരയോ മരണമോ ഒന്നും അചരം അമരം ഒരിക്കലും അഭാവമില്ല നിശ്ചലമായ ആഴി പോലെ അലയില്ലാത്ത ആഴി പോലെ ഉള്ളത് അചരം അമരം അസ്താഭാവ വസ്തു സ്വരൂപം സ്ഥിമിത സലില രാശിപ്രഖ്യം ആഖ്യാവിഹീനം ശമിത ഗുണവികാരം ശാശ്വതം ശാന്തമേകം ഇതൊക്കെ പറയാൻ സാധിക്കാത്തതായ വസ്തുവിനെ പറയാൻ ശ്രമിക്കണതിന്റെ ഒരു സൗന്ദര്യമാണത് അങ്ങനെ അതിനെയാണ് യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ നിസ്സ്പൃഹ സർവകാമേഭ്യോ യുക്തയുത്യുച്ചതേ തഥാന്ന് സകല കാമനകളിൽ നിന്നും വിമുക്തമായി ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ചിത്തത്തിന് യുക്തമെന്ന് പറഞ്ഞു അത് നാളം പോലെ എന്ന് പറഞ്ഞു ഈ നാളം എന്താന്ന് വെച്ചാൽ ഒരു സ്ഫൂർത്തി അതായത് അതിനെയാണ് സമാധി എന്ന് പറയുന്നത് ഒരു ചലനമില്ലാതെ വളരെ വളരെ വളരെ വ്യക്തമായിട്ട് സൂര്യനെ കണ്ണ് ഉള്ളവൻ എങ്ങനെ കാണുന്നുവോ അതിനേക്കാളും വ്യക്തമായിട്ട് അതാണ് ഒരു പതിനായിരം ആതിഥേയരൊന്നിച്ചു വരുന്നതുപോലെ വരും വിവേകവൃത്തി ഒരു പതിനായിരം ആതിഥേയരൊന്നിച്ചുദിക്കുന്ന പോലെ ഒരു പതിനായിര കണക്കിന് സൂര്യൻ ഒന്നിച്ച് വരണ പോലെ എന്നുവെച്ചാൽ അതൊക്കെ നമുക്ക് ഉപമിക്കാൻ കഴിയാത്തതിന് വെറുതെ ഉപമിച്ച് അല്ലാതെ അങ്ങനെയെന്ന് അർത്ഥല്ല ഒരു സൂര്യനെയും നമുക്ക് കാണാൻ വയ്യ അല്ലേ അതിനർത്ഥം സൂര്യനെ നമ്മൾ കണ്ണുണ്ടെങ്കിലേ കാണുള്ളൂ ഇത് ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ മനസ്സിന്റെയും ബുദ്ധിയുടെ സഹായം കൂടാതെ അതീവ സ്പഷ്ടമായി അപരോക്ഷമായി തന്നിൽ തെളിഞ്ഞു കാണുന്ന ഒരു ദൃഷ്ടിയെയാണ് ഇവിടെ സമാധി എന്ന് പറഞ്ഞത് അതിനെയാണിവിടെ ആ കാറ്റില്ലാത്ത സ്ഥലത്തുള്ള ദീപനാളം പോലെ എന്നൊക്കെ ഉപമിച്ചത് യഥാദീപോ നിവാതസ്ഥ ഇതൊക്കെ പറയുമ്പോഴേ മനസ്സിലാവണില്ല എന്ന് പറയണ്ട മനസ്സിലാവാനുള്ള കാര്യമില്ല വെറുതെ ഒരു സംഗീതം കേൾക്കണ പോലെ കേട്ടോളൂ അനുഭവത്തിൽ വരുമ്പോ മനസ്സിലാവും കാവ്യമൊക്കെ നമുക്ക് അറിഞ്ഞിട്ടാണോ ആസ്വദിക്കണത് നല്ല സംഗീത കച്ചേരി നല്ല കീർത്തനങ്ങളും വല്ലതും ത്യാഗരാജ കീർത്തനങ്ങൾ അറിയുമോ നമുക്ക് ഒന്നും അറിയില്ല ത്യാഗരാജസ്വാമി തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയും ഞാൻ എഴുതിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണ പോലെയാണ് പാട്ട് പാടുന്നത് അവിടെ ഇവിടെ ഒക്കെ പിരിച്ചിട്ടൊക്കെ അല്ലെ എന്നാലും ആ രാഘുവും താളവും ഒക്കെ കേൾക്കുമ്പോ ഒരു സുഖണ്ടല്ലേ അതുപോലെ ഇതൊക്കെ ഇപ്പോ മനസ്സിലാവണം നിർബന്ധം പിടിക്കണ്ട അങ്ങനെ ആസ്വദിച്ചോളാം കുറെ കഴിയുമ്പോ നമുക്ക് മനസ്സിനപ്പുറം ഇത് തെളിയും പതുക്കെ പതുക്കെ പതുക്കെ അത് സ്ഫുരിച്ച് തെളിയും നിശ്ചലതയിൽ ഉള്ളിലേർപ്പെടുന്ന നിശ്ചലതയിൽ അത് തെളിയും അതാണ് സമാധിനാ അത്യന്ത സുസൂക്ഷ്മവൃത്തിയാത്യം അതീവ സൂക്ഷ്മം പരമാത്മതത്വം സ്ഥൂല ദൃഷ്ടിയ പ്രതിപത്തമർഹത ഈ പരമാത്മതത്വം അതീവ സൂക്ഷ്മമായതുകൊണ്ട് ഗ്രാസ് ഇൻ്റലിജൻസ് കൊണ്ട് അതിനെ പിടിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ അറിയും സമാധിനാ അത്യന്ത സുസൂക്ഷ്മ വൃത്തിയാ സൂക്ഷ്മമായ വൃത്തി വൃത്തിജ്ഞാനം കൊണ്ട് സമാധിസ്ഥിതി കൊണ്ട് അതിനെ അകമേക്ക് കാണുന്നു ആതവ്യം അതിശുദ്ധ ബുദ്ധിവിഹിന് അപ്പോ അതാണ് യഥാ ദീപോ നിവാതസ്ഥോ നീങ്ങത്തെ യോഗിനോ യഥിത്ത യുഞ്ചതോ യോഗം ആത്മന ആ യോഗസ്ഥിതി വീണ്ടും പറഞ്ഞുകൊണ്ടുവരികയാണ് ഭഗവാൻ ആ യോഗസ്ഥിതിയിൽ എന്തുഭവാണ് ഉണ്ടാവ് അതാണ് അടുത്ത ശ്ലോകം യത്രോ പരമത്തെ ചിത്രം നിരുദ്ധം യോഗസേവയാം യത്രമത്മാനം പശ്യൻ ആത്മനി തുഷ്യതി ചിത്തത്തിന് അഞ്ച് അവസ്ഥകളാണ് യോഗികൾ പറയുന്നത് വിക്ഷിപ്തം മൂഢം ക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധം വേദാന്തപരമായിട്ടോ ആത്മവിദ്യാപരമായിട്ടോ ഒരു വിധത്തിലും പ്രയോജനപ്പെടാത്ത മനസ്സിന്റെ സ്ഥിതികളാണ് വിക്ഷിപ്തമെന്നും മൂഢമെന്നും പറയുന്നത് അതിന് ഒന്നിൽ വിക്ഷിപ്തമെന്ന് വെച്ചാൽ ടോട്ടലി സ്കാറ്റേർഡ് ബഹുശാഖാഹി അനന്താശോട്ടലി സ്കാറ്റേർഡ് അതിന് ഒരു സ്ഥലത്തും അത് നിക്കണില്ല ലോകത്തിൽ തന്നെ അത് ഒരു വസ്തുവിൽ നിൽക്കണില്ല എന്നിട്ട് വേണ്ട ഉള്ളിലെ അത് അന്തർമുഖമായ ചിത്തമല്ല വേറെ ഒരു ചിത്തയുണ്ട് മൂഢം മൂഢമെന്നു വച്ചാൽ ചിത്ത വിളിക്കലല്ല തമോ ഗുണം ബാധിച്ച് ഉറങ്ങ ഉറങ്ങാ ഉറങ്ങ മാത്രം സൂക്ഷ്മ വിഷയങ്ങളൊന്നും അതിനെ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ശക്തി ഒരു തരത്തിൽ ഇരുട്ട് ബാധിച്ച് കിടക്കും ഒരു റക്കന് ഒരു സൂക്ഷ്മ വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തിയില്ല അതിന് മൂഢമെന്ന് പിന്നെ പതുക്കെ പതുക്കെ ധ്യാനിക്കാൻ പുറപ്പെടുന്ന ചിത്രം അപ്പൊ സ്വരൂപത്തിൽ നിൽക്കുന്നു പെട്ടെന്ന് അങ്ങോട്ടും അറിഞ്ഞു പോകുന്നു പോവുകയും ചെയ്യുന്നു അതിനാണ് ക്ഷിപ്തം പതുക്കെ ഏകാഗ്രതയുണ്ടായി ധ്യാനസിദ്ധിയുണ്ടായി ചിത്രത്തിന് ഏകാഗ്രം എന്നാണ് നല്ലവണ്ണം സ്വരൂപനിഷ്ഠമായി വാസനകൾ കൊണ്ട് ചലിക്കാതെ വിഘ്നമല്ലാത്ത സ്വാനുഭൂതിയുള്ള ചിത്രത്തിന് നിരുദ്ധം എന്ന് പറഞ്ഞു ഇത്രയും അഞ്ചണം ഇതൊക്കെ വെറുതെ ഇപ്പോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പൊ പറയുകയാണ് ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയണത് എത്ര ഉപരമത്തെ ചിത്തം നിരുദ്ധം യോഗസേവയ യോഗസേവ എന്ന് വെച്ചാൽ ഈ ധ്യാനിക്കാനിരിക്കുന്നവന്റെ ചിത്തം അത് വെറുതെ നമ്മൾ ശ്രമിക്കുകയാണ് ധ്യാനിക്കുന്നവന്റെ ചിത്തം അറിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്താ ധ്യാനിക്കുക എങ്ങനെയാ ധ്യാനിക്കേണ്ടതെന്ന് ധ്യാനിക്കാം രമണ മഹർഷിയുടെ അടുത്ത് പലരും ചോദിക്കും ടോക്സ് വിത്ത് രമണ മഹർഷിയിൽ ധാരാളം വരും ഭഗവാൻ ഈ ആത്മാനുഭവത്തിന് ആത് ഞങ്ങൾക്ക് ആത്മതത്വം ഉപദേശിക്കും എന്നൊക്കെ ചോദിക്കുമ്പോ മഹർഷി മിണ്ടാതെക്കും നല്ല പക്വികളാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ആ സ്ഥിതിയെ ദൈവ താൻ ആ സ്ഥിതിയിൽ ഇരുന്ന് മറ്റുള്ളവരെയും അതിലേക്ക് ഇരുത്തുക സത്സംഗത്തിനെയൊക്കെ പ്രയോജനം അതാണ് അല്ലാതെ എന്തെങ്കിലും മനസ്സിലാക്കാനോ ക്വസ്റ്റിൻ ആൻസർ സെക്ഷൻ വേണ്ടിയിട്ടല്ലാതെ ആ സ്ഥിതിയിൽ ഇരിക്കുക ആ ശാന്തിയിൽ ഇരിക്കുക ഉപരമണം എന്നാണ് അതിനെ പറയണത് ഉപരമണം ഉപരമിക്കുക എത്ര ഉപരമത്തെ ചിത്തം ചിത്തം എവിടെയോ ഒരിടത്തു പോയി ഹൃദയത്തിൽ അടങ്ങുന്നു ആ അടങ്ങുന്ന സ്പേസിനാണ് ഹൃദയം എന്ന് പറയണത് ഉള്ളം തമിഴിൽ പറഞ്ഞു ഹൃദയം ഹൃദയത്തിൽ ചിത്തം ഉപരമിക്കുന്നു എങ്ങനെ നിരുദ്ധം എന്ന് പറഞ്ഞു അതായത് അബ്സലൂട്ട് ക്വാറ്റ്യൂഡ് സമാധി എൻ എങ്ങനെ അത് സാധിച്ചു ഉറക്കം കൊണ്ടാണോ അല്ല യോഗ സേവയാ ഉറക്കമെന്നുള്ളത് നേച്ചറുടെ പണിയാണ് അതുകൊണ്ട് അത് ആത്മജ്ഞാനത്തിന് കാരണമാവില്ല ഉറക്കമെന്ന് പറഞ്ഞാൽ തന്നെ തൽക്കാലം ബുദ്ധിയേയും മനസ്സിനെയും ഒക്കെ ഒരു തെരയിട്ട് മറയ്ക്കുമ്പോ ഒരു സുഖം അതിനെയാണ് നമ്മൾ ഉറക്കമെന്ന് പറയണത് അത് അജ്ഞാനം കൊണ്ട് ആ അജ്ഞാനത്തിനെയാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട് ഉണ്ടാവുന്നതാണ് ധ്യാനത്തിൽ നമ്മൾ ചെയ്യണതോ ചിത്തത്തിനെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഹൃദയത്തിലേക്ക് തിരിച്ചുവിടുക എന്നുവെച്ചാൽ ചിത്തവൃത്തികൾ ഇല്ലാതെ ചുമ്മായിരിക്കുകയാണ് വിജിലൻ്റ് അലേർട്ട് വിത്തൌട്ട് ചിത്തവൃത്തികളില്ല എന്നാൽ ഉറങ്ങുകയാണോ സാധാരണ ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ ഉറക്കമാണ് ഉറക്കമല്ല രാവിലെ നേരത്തെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞു ക്ഷീണമില്ല നിശ്ചലമായി മൗനമായി ശാന്തമായി ഉപരമതയെ ചിത്തം ചിത്തം മനസ്സിൽ ചിത്തവൃത്തികളൊന്നുമില്ല ആ നിശ്ചലതയിൽ ശീതളതയിൽ സമുദ്രസേവ ഗാംഭീര്യം അലയില്ലാത്ത ആഴി പോലെ അങ്ങനെ ഇരിക്കും എത്ര ചെയ്യോ ആത്മന ആത്മാനം പശ്യൻ അവിടെ എന്താണ് ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ലല്ലോ എഴുന്നേറ്റിട്ട് പറയണത് എന്താ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയു പക്ഷെ ഈ സമാധിസ്ഥിതിയിലോ ഏകാത്മപ്രത്യയ സാരം അതാണ് സമാധിക്കും ഉറക്കത്തിനും വ്യത്യാസം സമാധിസ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിചാരം ചെയ്ത് വിചാരം ചെയ്ത് വിചാരം ചെയ്ത് ഞാൻ ബോധത്തിനെ ശ്രദ്ധിക്കുകയും അത് പരമാത്മ സ്വരൂപമാണെന്ന് അറിയുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കടക്കുന്നത് അങ്ങനെ കടക്കണത് അവ അവിടെ ഏകാത്മ അവിടെ എന്താവണു ആത്മാനം പശ്യന്ന് ആത്മനിതുഷ്യതിന്ന് ആത്മനാ നോക്കണം നല്ലവണ്ണം നോക്കണം നമ്മൾക്ക് എന്തിനെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ മനസ്സ് വേണം പക്ഷെ ഈ ഒരു സ്ഥിതിയിൽ മാത്രം മനസ്സിന്റെ പ്രവൃത്തിയെ ഇല്ലാതെ തന്നാലെ തന്നിൽ തന്നെ കൊണ്ട് തന്നെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സുകൊണ്ടല്ല മനസ്സവിടെ വിളക്കണഞ്ഞു പോണ പോലെ അണഞ്ഞുപോയി എന്നിട്ട് അതിനേക്കാളും ഉജ്ജ്വലമായൊരു പ്രകാശം അവിടെ ഉണ്ട് ആ പ്രകാശം എന്താ ബാഹ്യമായ സ്ഥൂലമായ ഭൗതികമായ പ്രകാശമല്ല മറിച്ചച് ജ്യോതി അവിടെ ഉണ്ട് എത്ര ചെയ്വ ആത്മനാ ആത്മാനം പശ്യന്ന് ആത്മനി തുഷ്യത് ആ ആത്മാവിനാൽ ആത്മാവിനെ കണ്ടുകൊണ്ട് ആത്മാവിനെ അറിയാൻ മറ്റൊന്നും വേണ്ട ബോധത്തിനെ അറിയാൻ മറ്റൊരു ബോധം വേണ്ട വിളക്കിനെ അറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട വിളക്ക് ഉണ്ടെന്ന് അറിയാൻ വേറെ വിളക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കോ എന്ന് പറഞ്ഞാൽ ടോർച്ച് തരു നോക്കട്ടെ എന്ന് പറയോ വിളക്ക് സ്വയം പ്രകാശമാണ് അതേപോലെ ഈ ബോധം സ്വയമേവ പ്രകാശിക്കണു അതുകൊണ്ട് അതിനെ അറിയാൻ വേറെ വേണ്ട എത്ര ചെയ്വ് ആത്മന ആത്മാനം പശ്യന് പിന്നെയോ ആത്മനിതുഷ്യതി തന്നിൽ തന്നെ പരിപൂർണമായ തൃഷ്ണയും ദാഹവും ശമിച്ച് നമ്മൾക്കൊക്കെ അറിയാതെ ഒരു വിശപ്പുണ്ട് അറിയാതെ ഒരു ദാഹമുണ്ട് വിശപ്പ് ദാഹമൊക്കെ പറഞ്ഞാൽ അറിയാതെ ഒരു കുറവ് തോന്നുന്നു നമുക്ക് എന്തുകൊണ്ടോ ഒന്ന് തീർക്കണം എന്നാണ് ലോകത്തിലെല്ലാവരും ഓടി നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രസിദ്ധി കിട്ടണം പ്രസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ പലതും സാധിച്ചെടുക്കണം പ്രസിദ്ധി കിട്ടിയവർക്ക് സ്ഥാനം കിട്ടണം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ രോഗമില്ലാതാവണം പിന്നെ രോഗമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം വരണം എന്തൊക്കെയോ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടൊക്കെയോ നിറയ്ക്കാൻ നോക്കുകയാണ് ഉള്ളില് പക്ഷേ ലോകത്തിലെല്ലാം അച്ചീവ് ചെയ്തിട്ടും അവര് നോക്കുകയാണ് ഈ ഉള്ളിലുള്ള പാത്രം നിറയണില്ല അത് എപ്പോഴാണെന്നറിയ എപ്പോഴാണോ ഈ സമാധിസ്ഥിതിയിലേക്ക് അവൻ വരണത് അപ്പോൾ തേർസ്ഡ് റിപ്ലനിഷ്ഡ് പൂർണമായും ഹൃദയത്തിൽ ഒരു നിറവ് ഒരു ശാന്തി ഒന്നും നേടിയെടുക്കാനില്ല എന്നുള്ള ഒരു അനുഭവം ഒരു നിറഞ്ഞിരിക്കുന്ന അമൃതകുംഭം നിറച്ച പോലെ ഒരു സുഖം ഒരു ശാന്തി ഒരു പൂർണത അകമയിൽ നിന്നും ഏർപ്പെടുന്ന ഒരു ആനന്ദം അതാണ് ആത്മനാ ആത്മാനം പശ്യന് ആത്മനിതുഷ്യതി അവിടെ രണ്ടാമതൊന്നും ആത്മരതിഹി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ എന്നൊക്കെ ശ്രുതി പറയണം ആത്മാവിനോട് കളിക്കുന്നു ആത്മാവിനോട് രമിക്കുന്നു ആത്മാവിനോട് മൈഥുന്യം ചെയ്യുന്നു ആത്മാവ് ആത്മാനന്ദത്തിനെ അനുഭവിക്കുന്നു ആത്മാവ് അല്ലാതെ വേറൊന്നുമില്ല അവനെ ആ അനുഭൂതിയെ ഇവിടെ ഭഗവാൻ യോഗസ്ഥിതി ആയിട്ട് പറഞ്ഞു എത്രോ പരമത്തെ ചിത്തം നിരുദ്ധം യോഗസേവയാ എത്ര ചെയ്വ് ആത്മനാ ആത്മാനം പശ്യന്ന് ആത്മനി തുഷ്യതി പോരാ ഇനിയും ഭഗവാൻ പറഞ്ഞ് തൃപ്തിയായില്ല അപ്പൊ ഭഗവാൻ തുടർന്ന് പിന്നെയും പറയാണ് കിഞ്ച് വീണ്ടും എന്താ പറയണത് നോക്ക